അന്ധനും മുടന്തനും രോഗിക്കും യാതൊരു പ്രയാസവുമില്ല നിങ്ങളുടെ വീടുകളിൽ നിന്നോ നിങ്ങളുടെ പിതാക്കന്മാരുടെ വീടുകളിൽ നിന്നോ നിങ്ങളുടെ മാതാക്കളുടെ വീടുകളിൽ നിന്നോ നിങ്ങളുടെ സഹോദരന്മാരുടെ വീടുകളിൽ നിന്നോ നിങ്ങളുടെ സഹോദരിമാരുടെ വീടുകളിൽ നിന്നോ നിങ്ങളുടെ പിതാവിന്റെ സഹോദരന്മാരുടെ വീടുകളിൽ നിന്നോ നിങ്ങളുടെ പിതാവിൻറെ സഹോദരിമാരുടെ വീടുകളിൽ നിന്നോ നിങ്ങളുടെ മാതാവിന്റെ സഹോദരന്മാരുടെ വീടുകളിൽ നിന്നോ നിങ്ങളുടെ മാതാവിന്റെ സഹോദരിമാരുടെ വീടുകളിൽ നിന്നോ അല്ലെങ്കിൽ താക്കോലുകൾ നിങ്ങളുടെ കൈവശമുള്ള വീടുകളിൽ നിന്നോ അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളുടെ വീടുകളിൽ നിന്നോ നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നതിൽ നിങ്ങൾക്ക് യാതൊരു കുറ്റവുമില്ല നിങ്ങൾ എല്ലാവരും ഒരുമിച്ച് കഴിക്കുന്നതിലോ അല്ലെങ്കിൽ വേറിട്ട് കഴിക്കുന്നതിലോ നിങ്ങൾക്ക് കുറ്റമില്ല നിങ്ങൾ വീടുകളിൽ പ്രവേശിക്കുമ്പോൾ അള്ളാഹുവിന്റെ പക്കൽ നിന്നുള്ള അനുഗ്രഹീതവും പരിശുദ്ധവുമായ അഭിവാദ്യം സലാം നിങ്ങൾക്ക് തന്നെ നൽകുക അള്ളാഹു സുബഹാനഹൂവത്ത ആല നിങ്ങൾക്ക് ദൃഷ്ടാന്തങ്ങൾ ഇപ്രകാരം വിശദീകരിച്ചു നിങ്ങൾ ചിന്തിച്ച് മനസ്സിലാക്കാൻ വേണ്ടി